നല്ല നാട്ടിൽ അതിൻറെ രക്ഷിതാവിന്റെ അനുമതിയോടെ സസ്യങ്ങൾ വളരുന്നു എന്നാൽ മോശമായ നാട്ടിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ പുറത്തുവരികയുള്ളൂ നന്ദിയുള്ള ജനതയ്ക്കായി നാം ഇപ്രകാരം ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുന്നു